പറയുക എന്റെ രക്ഷിതാവ് നിഷിദ്ധമാക്കിയത് തെറ്റായ കാര്യങ്ങളെ മാത്രമാണ് അവയിൽ പ്രത്യക്ഷമായതും രഹസ്യമായതും പാപവും അന്യായമായ അതിക്രമവും യാതൊരു തെളിവുമില്ലാതെ അല്ലാഹുസുബഹാനഹുവ തയാലായ്ക്ക് പങ്കുകാരെ നിശ്ചയിക്കുന്നതും അള്ളാഹുസുബഹാനഹൂവ തയാലായെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതുമാണ്